അള്ളാഹു സുബഹാനുഹുവറ്റായാല തൻറെ ദാസന്മാർക്ക് ഉപജീവന മാർഗ്ഗങ്ങൾ വിശാലമാക്കി നൽകിയിരുന്നെങ്കിൽ അവർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുമായിരുന്നു എന്നാൽ അവൻ ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത അളവിൽ ഇറക്കി നൽകുന്നു തീർച്ചയായും അവൻ തൻറെ ദാസന്മാരെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു